സംശയം എന്താ മാറിയ ക്ലിയർ അപ്പോ ഈ അനുമാനത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം പറഞ്ഞു പൊതുവായി എന്താണ് ഇതിന്റെ വിശേഷത മറ്റനുമാനങ്ങളിൽ നിന്നുള്ള പ്രത്യേകത കേട്ടില്ല ദൃഷ്ടാന്തത്തിൽ ഒരു തരം ദൃഷ്ടാന്തത്തിൽ എങ്ങനെയാ സമന്യിപ്പിച്ചത് ഒരുതരം എന്ന് പറഞ്ഞ് ഏതു തരത്തിലാ സമന്യിപ്പിച്ചത് അവിടെ എന്താ പ്രത്യേകത അപ്പൊ അവിടെ എന്താ ഞാനി വൃത്യമായത് പ്രാഗാവത്തെ സമീപിച്ചു അപ്പൊ അതിൽ നിന്നെന്താ പക്ഷത്തിൽ വ്യത്യാസം വന്നു ഏ അഭാവം ഏത പ്രമാജ്ഞാന അഭാവത്വ അനധികരണം എന്ന് ചേർത്തതിന്റെ ഗുണം അതാണ് അഭാവത്വ അനധികരണം എന്ന് പറഞ്ഞപ്പോ ദൃഷ്ടാന്തത്തിൽ എന്തിനൊക്കെ കിട്ടി ഭാവത്വ അനധികരണം എന്ന് പറഞ്ഞപ്പം നിഷ്ടാന്തത്തിന് എന്ത് കിട്ടി ഏ അത് അഭാവമല്ലേ ആ അവിടെയാണ് ദേവതത്തെ നിഷ്ഠാന് ചേർത്ത് അപ്പൊ ദേവതത്തെ നിഷ്ഠമായ അഭാവം ദേവതത്വ നിഷ്ഠം എന്ന് അഭാവത്തിനൊരു വിഷയം ചേർത്തത് കൊണ്ട് വേറൊരു അഭാവത്തെ എടുക്കാൻ പറ്റില്ല ദേവതത്തിനുള്ള അഭാവത്തെ എടുക്കാൻ പറ്റും അപ്പൊ അഭാവത്വധികരണം അതേ ആകത്തോ അനധികരണമായി വേറെ ഏതഭാവത്തെയും എടുക്കാം അതാണ് ഇതിന്റെ പ്രയോജനം ദേവത്വ നിഷ്ഠ അഭാവത്വം ദേവത്വത്തെ നിഷ്ടശബ്ദം ചേർത്തത് കൊണ്ട് അഭാവത്വം അധികരണമായി അവിടെയുള്ള ദേവത്വത്തിനുള്ള അഭാവത്തെ എടുക്കാൻ പറ്റും വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അനധികരണമായി ഏത് അഭാവത്തെയും എടുക്കാം അങ്ങനെ ഒരു ഗുണമുണ്ടായി അപ്പോൾ ദൃഷ്ടാന്തത്തിലുള്ള പ്രാഗഭാവത്തെ എടുത്തു അപ്പം ദൃഷ്ടാന്തത്തിൽ ഒരു തരത്തിൽ സമന്യിച്ചു ഇനി പക്ഷത്തിലേക്ക് വരുമ്പം എന്ത് സംഭവിച്ചു അതെങ്ങനെ എടുക്കാൻ പറ്റി എന്തുകൊണ്ട് പറ്റി ദേവതത്വനിഷ്ഠ ക്രമ അഭാവത്വ അനധികരണം കാരണം അഭാവത്വ അനധികരണം എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെ ഭാവത്തി എടുക്ക അഭാവത്തി എടുക്ക എന്നുള്ള സൗകര്യം വന്നു രണ്ടിനെടുക്കാം ദേവതത്വനിഷ്ഠ അഭാവത്വ അനധികരണം എന്ന് പറഞ്ഞപ്പോൾ ഭാവത്തെ എടുക്കാം സാരണഗതിയിൽ അഭാവത്വ അനധികരണമെന്ന് പറഞ്ഞാൽ പറ്റൂ പക്ഷെ ഇവിടെ എന്തുകൊണ്ടതിനു പറ്റി ദേവദത്തെ നിഷ്ഠ അഭാവത്വ അനധികരണമെന്ന് പറഞ്ഞു ഇപ്പൊ ദേവതത്വനിഷ്ഠ അഭാവത്വ അനീതികളെന്ന് പറഞ്ഞപ്പോൾ നിഷ്ടാന്തത്തിൽ പോയപ്പോ എന്ത് ചെയ്തു ശബ്ദത്തിന് മാറ്റമൊന്നുമില്ല അഭാവത്തെ തന്നെ എടുത്തു പക്ഷത്തിലേക്ക് വന്നപ്പോ ദേവതത്വനിഷ്ഠ അഭാവത്വ അനധികരണം എന്നെടുത്തപ്പോ അവിടെ അഭാവഭിന്നമായ ഒന്നിനെടുത്തു അഭാവഭിന്നമായ അവിടെ ഏതെങ്കിലും എടുക്കാം സോതുകാതകളെടുക്കാം പക്ഷേ അതിനുവേണ്ടി അതെടുക്കാതിരിക്കാൻ എന്തു പറഞ്ഞു അനാദി എന്ന് പറഞ്ഞു അനാദി എന്ന് പറഞ്ഞു വീണ്ടും എന്തിനെടുക്കാൻ പറ്റൂ അത് അഭാവമായിരിക്കരുത് എന്നാൽ അനാദിയായിരിക്കും എന്ന് പറഞ്ഞാലും പോരാ ജ്ഞാന നിവർത്തിയം എന്നുകൂടെ പറഞ്ഞു അപ്പം എന്തു ചെയ്തു അപ്പോ പിന്നെ ജ്ഞാന നിവൃത്തിയമായിരിക്കണം അഭാവ ഭിന്നമായിരിക്കണം അനാദി ആയിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ സാധ്യത്തില ശബ്ദങ്ങളിലോ ശബ്ദ ശബ്ദത്തിന്റെ അർത്ഥത്തിലോ ഒരു മാറ്റവും വരുത്താതെ തന്നെ എന്തിനെടുത്തു ഭാവഭിന്നം ഇവിടെ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത് അഭാവഭിന്നമായ ഒരു അജ്ഞാനത്തെ ശ്രദ്ധിച്ചു ഇപ്പോ ദേവദത്തുള്ള ജ്ഞാനത്തിൻ്റെ പ്രാഗഭാവം തന്നെ എടുക്കും അപ്പോ ജ്ഞാനത്തിന്റെ പ്രാഗഭാവം ശ്രദ്ധിക്കോ ഇതുകൊണ്ട് പ്രാഗഭാവത്തെ ഇവിടെ സ്വീകരിക്കാൻ പറ്റുമോ ദേവദത്തനിൽ ജ്ഞാനമുണ്ട് ജ്ഞാനത്തിന്റെ പ്രാഗഭാവം അങ്ങനെ ഒന്നിനെ ദേവത സ്വീകരിക്കാൻ പറ്റുമോ ഇപ്രകാരം അഭാവഭിന്നമായ ഒന്നാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ പ്രാഗഭാവ രൂപത്തിലുള്ള അജ്ഞാനത്തെ സ്വീകരിക്കാൻ പറ്റുമോ പറ്റുമോ എന്തോ അപ്പം ജ്ഞാനത്തിന് പ്രാഗഭാവം ഉണ്ടാവില്ലേ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്തോരും പ്രാഗഭാവം ഉണ്ടാവും അപ്പൊ അദ്വൈതിക്ക് ദേവതത്തിനിൽ ജ്ഞാനത്തിന്റെ പ്രാഗഭാവത്തെ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് സ്വീകരിക്കുന്ന പോലെ ദേവതത്തിനിൽ ഞാൻ എപ്പോഴും ഉണ്ടാവുന്നില്ലേ പറഞ്ഞു ഇപ്പൊ പ്രാഗഭാവം ഉണ്ടാകത്തില്ലേ ഞാനുണ്ടെങ്കിൽ പ്രാഗഭാവം കാണുവല്ലോ പ്രാഗഭാവം നശിക്കുമ്പോഴേ ഞാനും ഉണ്ടാവുന്നു പ്രാഗഭാവം എപ്പോഴും ഉണ്ടാവും ഇപ്പോ ഈ നിമിഷം ദേവതനിൽ ജ്ഞാനത്തിന്റെ പ്രാഗഭാവം കാണൂ എന്ത് വരാൻ പോകുന്ന ജ്ഞാനത്തിന്റെ പ്രാഗഭാവം ഇല്ലേ പിന്നെ ഏതായി പറഞ്ഞു അപ്പൊ ജ്ഞാനത്തിന്റെ പ്രാഗഭാവം ഇപ്പൊ ഇവിടെ പറഞ്ഞു അജ്ഞാനം എന്ന് പറഞ്ഞാൽ അഭാവിലാണ് അപ്പൊ ജ്ഞാനത്തിന്റെ പ്രാഗഭാവത്തെ സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അഭാവത്വത്തിന്റെ അനധികരണമെന്ന് പറഞ്ഞത് ശരി ചോദ്യം ഇതാണ് ഡയറക്റ്റ് ചോദ്യം ഇപ്പോൾ അജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനത്തെ അഭാവവിലക്ഷണമായി സമർത്ഥിച്ചു അങ്ങനെ സമ്മർദ്ദിക്കുമ്പോൾ ജ്ഞാനപ്രാഗാവത്തെ അതുപോലെ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം ഈ രണ്ടും സ്വീകരിക്കാം അതെല്ലാം അവിടെ ഉണ്ടായിരിക്കും ജ്ഞാനപ്രാഗഭാവം മറ്റും ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ അദ്വൈര് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അത് അഭാവിലായ ഒന്നാണ് ഏ ഉപ്രാഗഭാവരൂപത്തിലുള്ള അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ജ്ഞാനാഭാവം പ്രാഗഭാവം അതവിടെ ഇരുന്നോട്ടെ അജ്ഞാനം എന്ന് പറയുന്നത് അതല്ല അത് അഭാവ വിലക്ഷണമായ ഒന്നാണ് അത് അതാണ് ഇവിടെ സാധിക്കാൻ ശ്രമിക്കുന്നത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ദൈവതത്തിനുള്ള അജ്ഞാനം ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ അർത്ഥം അവിടെ ഉദ്ദേശിക്കുന്നത് അഭാവവിലണമായൊരു അജ്ഞാനമുണ്ട് അവിടെ അഭാവമുണ്ടോ ഇല്ലയെന്നുള്ള പ്രശ്നമില്ല അഭാവം ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം പക്ഷെ അജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അഭാവവിലമായൊരു അജ്ഞാനമുണ്ട് അത് എന്താണ് ജ്ഞാന നിവൃത്തിയമാണ് അത് അനാദിയാണ് അത് അഭാവം അല്ല ഇത്ര ശ്രദ്ധിക്കേണ്ടത് ത്തിലൂടെ ഉം ഞാനപ്രാവത്ത് സ്വീകരിക്കുന്നതിന് എന്താ കൊഴക്കും ഞാനപ്രാവിഭാവം അവിടെ ഇരുന്നോട്ടെനി അത് പറ്റില്ല ജ്ഞാനപ്രാഭാവത്തെ സ്വീകരിക്കാൻ പറ്റില്ല ജ്ഞാനത്തിന്റെ അത്യന്താഭാവത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല ജ്ഞാനത്തിന്റെ ധുംസത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല ജ്ഞാനത്തിന്റെ ഭേദത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല ഈ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ അദ്വൈതിയുടെ സ്വന്തമായ സാ വേറെ ആർക്കും ഇല്ലാതെ ഏനമുണ്ടാകുമെങ്കിൽ അതിന്റെ പ്രാഗുഭാവം ഉണ്ടാകുമല്ലോ ഏാനം ഉണ്ടാകുമ്പോൾ ഞാൻ പ്രകം നശിക്കും അജ്ഞാനത്തെയും നശിപ്പിക്കും ഞാനോ അതിനെയും നശിപ്പിക്കും അത് സ്വീകരിക്കുന്നുണ്ട് അതാണ് തൂലാജ്ഞാനം എന്ന് പറഞ്ഞു ഇപ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നുണ്ടോ അപ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു അജ്ഞാനോ അജ്ഞാനത്തെയും നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മുക്തരാകാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് മൂലാജ്ഞാനത്തെ നശിപ്പിക്കുന്നു ജഗത്തിന് തന്നെ കാരണമായ ഒരു അജ്ഞാനമുണ്ട് അതിനെ നശിപ്പിക്കുന്നു അത് നശിച്ചാലേ മുക്തി അത് നശിപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്ത് ചെയ്യണം ബ്രഹ്മാകാരവൃത്തി അഖണ്ഡ ആകാരവൃത്തി വരണം അപ്പോൾ ആ അജ്ഞാനത്തെ നശിപ്പിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് മനസിലായോ ഏത് സമാധിയിൽ ഉണ്ടാകുന്ന വൃത്തി മനസ്സ് നിരുദ്ധമാകുമ്പോൾ സമാധിയാവും അപ്പൊ അവിടെ ഈ വൃത്തി ഉദയം ചെയ്യും ഉം യോഗവും ഇതും പ്രക്രിയ ഒരുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല യോഗപ്രക്രിയ സ്വീകരിച്ചിരിക്കും ഏ അത് യോഗത്തിലേക്കിപ്പോൾ കിടക്കണ്ട നമ്മൾ ഇനി യോഗം ചർച്ച ചെയ്യും അപ്പോൾ യോഗത്തിലേക്ക് വന്നിട്ട് മതി യോഗം ഇപ്പം നമ്മൾ അങ്ങനെ മതപ്രഭാഷണത്തിൽ കേട്ടിട്ടില്ലേ ഉള്ളൂ ശരിയായ യോഗത്തിൽ വന്നിട്ട് പിന്നെ നമുക്ക് രണ്ടും കൂടെ അതിനെ കുറിച്ചുള്ള ചർച്ചയാവും ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവും നമ്മൾ യോഗം പഠിപ്പിക്കുന്നവരാണ് പഠിച്ചിട്ടുള്ളവരല്ല ആ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് പോകണ്ട തുടർച്ചയായിട്ടുള്ള ഉള്ളതെന്നല്ല അഖണ്ഡാകാരം എന്ന് പറഞ്ഞാൽ അഖണ്ഡമായ ബ്രഹ്മത്തിന്റെ ആകാരത്തിലുള്ള വൃത്തി അല്ല മുറിയാത്ത വൃത്തി എന്നുള്ളതല്ല അഖണ്ഡമായ ബ്രഹ്മത്തിന്റെ ആകാരത്തിലുള്ള വൃത്തി അതാണ് അഖണ്ഡാകാര അഖണ്ഡ ആകാരം എന്ന് വെച്ചാൽ അഖണ്ഡമായ ബ്രഹ്മത്തെ വിഷയമാക്കുന്ന വൃത്തി എന്നാണ് അല്ല ഇങ്ങനെ റോക്കറ്റ് പോകുമ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്ന വൃത്തിയല്ലേ ക്ഷികൻ ഭക്ഷ്യകാരൻ അങ്ങനെ ഒരു അഖണ്ഡാകാര വൃത്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അഖണ്ഡാകാര വൃത്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഭാഷ്യത്തിലുള്ള ഒരിടത്തുമില്ല ഏ എങ്ങനെ സാധാരണ ഉണ്ടാകത്തില്ല സാധാരണ നമ്മളെന്താ ഉണ്ടാവുന്നത് ആ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു അല്ലേ അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരോക്ഷ വൃത്തി ഈ വൃത്തി കൊണ്ട് അജ്ഞാനം നശിക്കയില്ല അല്ല അത് അഖണ്ഡാകാര ബ്രഹ്മത്തെക്കുറിച്ചുള്ള അപരോക്ഷ വൃത്തിയല്ല സമാധിയിലാണ് അപരോക്ഷ വൃത്തി ഉണ്ടാവുന്നത് നമുക്ക് മതപ്രഭാഷണം നടത്തുമ്പോഴും ഉണ്ടാവുന്നുണ്ട് വൃത്തി പ്രയോജനമില്ല അതുകൊണ്ട് പ്രയോജനമില്ല ആ വൃത്തി സമാധി ഇരുന്ന് തന്നെ ഉണ്ടാവണം പ്രഭാഷണം നടത്തുമ്പോഴും പറ്റില്ല സമാധി ഇരിക്കുമ്പം തന്നെ ഉണ്ടാവണം ചിത്തവൃത്തികൾ നിരോധിക്കുമ്പോൾ വൃത്തി ഏതിന്റെ ആ വൃത്തി നശിക്കാം നശിക്കുന്നോണ്ട് കുഴപ്പം നശിക്കണം ഏ ആ വൃത്തി നശിച്ചു കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് വൃത്തി നശിച്ചുകഴിഞ്ഞാൽ പിന്നെ എന്റെയും സമാധി പോയി വരും സമാധിയിലേക്ക് വരുമ്പോ എന്തോരുന്നു അയാൾ അറിഞ്ഞു ഞാൻ ഇത്രയും കാലം സമാധിയിലായിരുന്നു എന്നെല്ലാം അഖണ്ഡാകാര വൃത്തിയുണ്ടായി എന്റെ അജ്ഞാനം നശിച്ചു അതാണ് പറയുന്നത് ഞാൻ മുക്തനാണ് ഇനി കാര്യങ്ങളെല്ലാം എങ്ങനെ പ്രാരബ്ദമനുസരിച്ച് അങ്ങനെയാ പറയുന്നു അത് അപ്രക്രിയ അങ്ങനെയാണ് അപ്പോഴാണ് ബ്രഹ്മവിദ് ബ്രഹ്മവിദ്വരൻ ബ്രഹ്മവിദ്വരിയാൻ ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന പദവികൾ അപ്പോഴാണ് വരുന്നത് അങ്ങനെയുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്നു വെച്ചാൽ അങ്ങനെ അഭിണ്ടാകാര വൃത്തി വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നും മരിക്കാം അല്ലെങ്കിൽ കിടന്ന് കട്ടിൽ കിടന്നും മരിക്കേണ്ടി വരും വ്യത്യാസമുണ്ട് അങ്ങനെ സമാധിന്ന് വരുമ്പം വീണ്ടും എല്ലാം വന്നുകഴിഞ്ഞാലും എന്ത് ചെയ്തു അവിടെ പറയുന്നതാണത് ബാധിതമായി നശിപ്പിച്ചു പിന്നെ വർത്തവിത്ത് പോലും അതെല്ലാം രണ്ടിടത്തും സമയജ്ഞാനത്തെ സംബന്ധിച്ചും സമാധി സംബന്ധിച്ചൊക്കെ ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ എങ്ങനെയാണ് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നത് അതുപോലെ സമാധിയിൽ നിന്നും വരുന്നു സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത വരുമ്പോൾ അജ്ഞാനം നശിച്ചില്ല സമാധിയിൽ നിന്ന് ജാഗ്രത വരുമ്പോൾ അജ്ഞാനം നശിച്ചു ബാധിതാനുവൃത്തി കാര്യങ്ങളെല്ലാം ക്ലിയർ അതിൽ ബാക്കി നമ്മൾ എങ്ങനെയാണോ സമയജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക അത് ഇതേ പൊക്കെയാണ് ഒരു വ്യത്യാസം എന്നാൽ പ്രാരബ്ധത്തെ ആശ്രയിക്കുന്നു നശിക്കുന്നു അപ്പം ഇവിടെ ഇപ്പോൾ അതല്ല വിഷയം ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ഒരു വരിയുടെ വായിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഏത് അല്ല അഭാവം എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവിന്റെയും ഇവിടെ ഉത്പന്നമാകുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തുവരും നാശം വരും അഭാവവും വരും അത് എല്ലാവർക്കും സമ്മതമായ കാര്യമാണ് അപ്പം നമ്മുടെ ഉള്ളിൽ ജ്ഞാനമുണ്ടായിരുന്നു വെച്ചാൽ അതിൻ്റെ അഭാവം വരും അജ്ഞാനം എന്ന് പറയുന്നത് അതല്ല അജ്ഞാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനമാണ് അത് ആത്മാവിലിരിക്കുന്നതാണ് അത് അഭാവമല്ല ഭാവവിലക്ഷണമാണ് അനാദിയാണ് ജ്ഞാനം കൊണ്ട് നശിക്കുന്നതുമാണ് അങ്ങനെ ഒരു പദാർത്ഥത്തെ കൂടുതലായി ഇവിടെ അദ്വൈതി സ്വീകരിക്കുന്നു അതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ജ്ഞാനം കൊണ്ട് അത് നശിക്കും ഭാഷ്യം നിരന്തരം ഭാഷ്യത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭാഷ്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ അങ്ങനെ ഒരു അജ്ഞാനത്തെ പരിചയപ്പെടാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ തന്നെ ഭാഷ്യം ഏതെങ്കിലും വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് കേട്ടിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ തലയ്ക്കകത്ത് മുഴുവൻ ആ അജ്ഞാനം കട്ടി ഈ പറഞ്ഞ സാധനം കൊണ്ടിപ്പം നിറഞ്ഞനെ ഏ ഞാനെപ്പോഴും ഉണ്ടാവുന്നു അത് എന്താണ് തൂലാജ്ഞാനം എന്താണ് ആ അതെ അതെ അതെപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്നു കാര്യമില്ല അതായതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അയം ഘടഹ എന്നൊരു ജ്ഞാനമുണ്ടാകും അപ്പോൾ അവിടെ ഒരു അജ്ഞാനമുണ്ട് ആ അജ്ഞാനം എന്താണെന്നുള്ള തർക്കമുണ്ട് അത് എന്താണ് ആ ഇതം അതിനെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത് അവിടെ ചൈതന്യത്തെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത് ഇവിടത്തെ ഇതിലൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് അപ്പം അങ്ങോട്ട് നമ്മൾ കിടക്കാതെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അജ്ഞാനമുണ്ട് ആ അജ്ഞാനം എങ്ങനെയുള്ളത് അത് എന്താണ് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായില്ല ഇപ്പോഴാണ് ഉണ്ടാവുന്നു അപ്പോൾ അത് ആ അജ്ഞാനം അത് ഭാവവില ഭാവവിലക്ഷണമാണ് ജ്ഞാന നിവൃത്തിയമാണ് അപ്പോൾ അത് നിശ്ചിച്ചു പക്ഷെ അത് നശിച്ചുകൊണ്ട് എന്താണ് അത് ഇതമവച്ഛിഹ്ന ചൈതന്യ ആശ്രിതമായ അജ്ഞാനമായതുകൊണ്ട് എന്തു ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ മുക്തരാകുന്നില്ല ഒരു ചിഹ്ന അജ്ഞാനത്തെ നശിപ്പിച്ചെന്ന് വിചാരിച്ച് മുക്തി കിട്ടത്തില്ല പിന്നെ അത് പെരിയ അജ്ഞാനമുണ്ട് ഉള്ളിലിരിക്കുന്നു ഓരോ വിഷയത്തെ ആശ്രയിച്ചും അജ്ഞാനമുണ്ട് ജ്ഞാനം ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനം ഇപ്പോൾ അതല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇല്ലെങ്കി ഇപ്പൊ നിങ്ങളുടെ ബ്രെയിൻ നിറച്ചാനമായിരുന്നു ഏ മിക്കവാറും എല്ലാവരും അങ്ങനെ ഒരു അജ്ഞാനത്തെയാണ് പറയുന്നത് സമാധി ആരൊക്കെ സ്വീകരിക്കുന്നു അവരെല്ലാവരും അജ്ഞാനം നശിക്കുന്നു ഒരു സംശയവും വേണ്ട എപ്പോഴും ഉണ്ട് സർവത്രയുണ്ട് ഉള്ളില് മാത്രമല്ല പുറത്തും ഉണ്ട് ആ പറയുന്നത് വിഷയാവഛിന്ന ചൈതന്യത്തിൽ അജ്ഞാനം ഇരിക്കുന്നു ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ഉള്ളില് മാത്രമേ ഇരിക്കുന്ന സാധനമുണ്ട് ഈ അജ്ഞാനം എന്തിനെ ആശ്രയിച്ച ഇരിക്കുന്നു കാരണം ഇത് പറഞ്ഞു പറഞ്ഞു പോകുമ്പം സംഗതി വളരെ കോംപ്ലിക്കേറ്റഡ് ആകും അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങൾ വരും ഈ അജ്ഞാനം എവിടെയായിരിക്കുന്നത് ആ വിഷയത്തെ ആശ്രയിച്ചാണോ അതോ ചൈതന്യത്തെ ആശ്രയിച്ചാണോ അത് ഏത് ചൈതന്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അത് ഇത്തരം പ്രക്രിയ ഗ്രന്ഥങ്ങള് പഠിക്കുമ്പോൾ അവിടെ വരും സ്ഥൂലാജ്ഞാനം നശിക്കണമെങ്കിൽ എന്ത് വേണം മൂലാജ്ഞാനം അഖണ്ഡാകാര വൃത്തി വേണം നിങ്ങള് പഴയ അജ്ഞാനത്തേക്ക് കളഞ്ഞപ്പോ പുതിയ അജ്ഞാനത്തെ എടുത്തെന്നാ തോന്നുന്നു എടുത്താ ഏ കാരണെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഏ ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യം മനസ്സിലാക്കാനുള്ള ഏത് കാര്യവും മാറ്റുക എന്ന് പറയുന്നത് ഞാനങ്ങനെയല്ലോ പഠിച്ചത് ഞാനിങ്ങനെയാണ് പഠിച്ചത് എന്റെ കയ്യിലും രസം കണക്കിന് മെയിൻ മൂലാജ്ഞാനും ഒക്കെ ഉണ്ടായിരുന്നു കൊറേ സമയമൊന്നും വേണ്ട ഇതില്ല എന്താണ് വെളിച്ചം വന്നാ ഇട്ട് മരുന്ന പോരി മാറ്റം തന്നെ നമുക്ക് സംഗതി സംഗതി തെളിഞ്ഞു വന്നു കഴിഞ്ഞു പിന്നെന്തിനാ ഇത് ഈ അജ്ഞാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് കാലം വേണ്ടി വന്നു ഒരുപാട് വർഷം ഏറു വർഷമെല്ലാം എന്താണ് വേരോടെ പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ വേരി ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും കിളർത്ത് കിളർത്ത് വരും വേര് ആ ഒരുപാട് പേരും ഭൂർവശം വരും എന്താണ് ശരിക്ക് ഭാഷകാരം പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായാൽ നമ്മളിത് മനസ്സിലാക്കുമ്പോഴും ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും പറയുന്ന ഇതാണ് എന്ന് മനസിലാവും ഭാഷകാരം പറയ സ്വയം ഗവേഷണം നിർത്തി കണ്ടുപിടിച്ചാണ് എങ്ങനെ അല്ലെന്ന സാധാരണഗതി നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പഠിച്ചാല് കൂടുതലും സ്ട്രെസ് ചെയ്ത് കാര്യം മനസ്സിലാക്കുന്ന മറ്റാണ് അപ്പോ യുക്തി വഴിക്കൊക്കെ നമ്മൾ പോവണെങ്കിൽ ഏതിനേ സമർത്ഥിക്കാൻ യുക്തി ഉണ്ട് അത് തർക്ക അപ്രതിഷ്ഠാനും അതിലൊരു തീരുമാനത്തിലൊന്നും എത്താൻ പറ്റത്തില്ല പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയുണ്ട് നമുക്കൊരു സ്വയം ബോധ്യപ്പെടുക എന്ന് പറയുന്ന ഇതാണ് എന്ന് അപ്പോ ഇപ്പൊ ഒരു അത് എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഒരേ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് പത്ത് പേര് കഴിക്കുമ്പോൾ പത്ത് പേർക്കും പത്ത് അഭിപ്രായമായിരിക്കും എന്നേ ചിലത് നല്ലതെന്ന് പറഞ്ഞാൽ ചിലത് പറയും മോശമായിരിക്കും ഭക്ഷണം തയ്യാറാക്കുന്ന ആണ് നല്ല അഭിപ്രായമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്കോരോരുത്തർക്കും അത് ഒരു ബോധ്യപ്പെടുന്നതാണ് ഇന്നതാണ് എന്നുള്ളത് അതിന് ഈ ശാസ്ത്രത്തിൽ കിടന്നിങ്ങനെ ഇതുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല അത് കൂടുതൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ പക്ഷങ്ങൾ പ്രക്രിയ പരിചയപ്പെടുക എന്താണ് ഇതാണ് എന്നുള്ളത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട് എന്നുള്ളത് അതീ കഴിഞ്ഞില്ല നമുക്ക് സ്വയം ഏതിനോ ഏതാണോ ബോധ്യപ്പെടുന്നത് അത്രേ പറയാൻ പറ്റൂ ഏ അല്ലെ പറഞ്ഞത് തർക്കം വന്നു ഏ ഉം പറഞ്ഞില്ലേ ഇതൊക്കെ ഓരോരുത്തരുടെ ബോധ്യപ്പെടലാണ് സൂര്യൻ അന്ധകാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ് കണ്ണുള്ളവനെ സംബന്ധിച്ചിടത്തോളം ശരിയാകും അതുപോലുള്ളൊരു വ്യത്യാസം അതുപോലെ ഒരു വ്യത്യാസം തർക്കത്തിലൂടെ പോയി കഴിഞ്ഞു അവസാനം ഇല്ലാതെ തർക്കിച്ചോണ്ടിരുന്ന ഇത് ഇവിടെ ജീവിതകാലം മുഴുവൻ തർക്കിക്കാൻ തന്നെ വരും ജീവിതകാലം മുഴുവൻ തർക്കിച്ചാലും തീരുത്തില്ല തർക്കത്തിലൂടെയൊന്നും കാര്യം കൂടി ശരിയാകത്തില്ല തർക്കത്തിലൂടെ ശരിയാകുന്ന കാര്യമല്ല അപ്പിവിടെ തന്നെ തർക്കിച്ചതിൽ എന്തെല്ലാം പഴുതുകൾ നമ്മളെ തന്നെ കണ്ടെത്തി ലൂപ്പ് ഇല്ലേ അതെപ്പോഴും തർക്കത്തിലുണ്ടായി അതല്ല തർക്കമല്ല നമുക്ക് ഇപ്പൊ നിർബന്ധമില്ല നിങ്ങളീ അജ്ഞാനം പിടിച്ചോളി ഈ അജ്ഞാനത്തിൽ തന്നെ മുറുകെ പിടിച്ചോളി ഇപ്പൊ ആര് പറഞ്ഞു അത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടവും താല്പര്യവും അല്ലേ ഏതാ വേണ്ടത് അപ്പോ ഞങ്ങൾ കുറച്ച് പേര് പൂര ആചാര്യന്റെ കീഴിലാണ് ശാസ്ത്രം അധ്യയനം ചെയ്ത് അപ്പോ ഈ പറയുന്ന ഇത് തന്നെയാണ് നമ്മൾ ഉറപ്പിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ കാലം ചിലവാക്കിയത് ഇതിനു വേണ്ടി തന്നെയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് സ്വയം തന്നെ തോന്നി അപ്പോൾ പിന്നെ നമ്മുടെ ചിന്താഗതി തല തിരിഞ്ഞു അപ്പം പോയി ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതേ കാര്യം തന്നെ കേട്ടുകൊണ്ടിരുന്ന മൂന്നാലു പേരേ ഇപ്പോൾ ഉള്ളു ഞാൻ വളരെ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരാളെ കണ്ട് അതിലൊരാളെ അത്ര വിപുലമായൊരു വിചാരമൊന്നും അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിലും ഇതെല്ലാം സിസ്സുകിയെല്ലാം കേട്ടയാളാണ് അപ്പോൾ ഒരു ദിവസം എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ എന്തോ ഒരു തരാറുണ്ടല്ലോ വേറെ ഒരാൾക്കോ അത് തോന്നി ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല മനസ്സിലായു ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനില്ല പുള്ളി എന്നോട് ചോദിച്ചു നമ്മൾ മനസ്സിലാക്കി എന്തോ ഒരു തരാറുണ്ടല്ലോ അത് ശരിയാകുമെന്ന് തോന്നില്ല ഇതൊക്കെ ഒരുപാട് എന്നെക്കാൾ കൂടുതൽ ഒരാചാര്യ കീഴിൽ വിചാരം ചെയ്തതാണ് ഇതിലെന്തോ തകരാറുണ്ടല്ലോ എന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചാൽ എന്തോ തോന്നി അത് കാരണം ഇപ്പം ഞാൻ വിശദീകരിച്ചു ആ പുള്ളി പറഞ്ഞു ഇതാണ് ശരി അത് എനിക്കും എൻ്റെ ഉള്ളിലും തോന്നി അപ്പം അതൊരു തോന്നലാണ് നമ്മൾ ഈ പഠിച്ചതല്ല ശരി ഇതാ ശരിയെന്ന് എനിക്കും തോന്നി ഇപ്പം അത് ശരിയാണെന്ന് ഞാനൂടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് സമ്മതമായി അല്ല ഒരാള് നമ്മൾക്ക് നമ്മൾ ഇരുട്ടിലെ നിൽക്കുമ്പോൾ വളരെ ദൂരുന്നൊരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമ്മൾ അവിടെ ഒരു വീടുണ്ട് പിന്നെ അങ്ങോട്ട് നടക്കും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കല്ലേ ശരിക്കും വെളിച്ചം കാണുന്നു അതുപോലെ ഒരു വെളിച്ചം പുള്ളിയുടെ മനസ്സിൽ തോന്നി വേറെ ആരും പറഞ്ഞിട്ടില്ല സ്വയം തോന്നിയതാ ഏ അത് പിന്നീട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ല ശരിയല്ല എന്ന് തോന്നിയാ ഇത് വെളിച്ചം കൊണ്ടാ വിളിച്ചോന്നല്ലേ ഇരുട്ടെന്ന് കാണു വിളിക്കും മനസ്സിലായി വെളിച്ചമാണെന്ന് പിന്നെ അത് ആ അതപ്പോ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു എന്നാൽ മറ്റു പലരും എന്ത് ചെയ്യുന്നു ഇന്നും ഇതേ അജ്ഞാനം തന്നെ ഇരിക്കുന്നു പലരുടെയും മനസ്സിൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി എന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല ഏതായാലും നമ്മൾ പറയുന്നത് എന്തോ അത് നമ്മൾ വ്യക്തമായി ധരിച്ചിരിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അജ്ഞാനം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ധരിച്ചിരിക്കണം ഏ അതിപ്പോ ഇത് ഈ ഒരു വിഷയത്തിലല്ല നമ്മള് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലായിടത്തും പഠിപ്പിക്കുന്ന ആചാര്യൻ ശരിയല്ല എന്ന് നമുക്ക് തോന്നാൻ ചിലപ്പോ ആചാര്യൻ നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരി തന്നെയാണ് ആയിരിക്കും പക്ഷെ പറയുമ്പോ ഇപ്പം ഞാൻ എന്തെങ്കിലും പെശ തോന്നാ നിങ്ങളെ മനസ്സിൽ തോന്നില്ലാ പറയുന്നത് പെസ കാണും ഏഹ് ശരിയത്തിന് ഉറപ്പിക്കേണ്ട കാര്യമില്ല അത് തനിയേം കുറച്ചോളൂ തെറ്റിനെയാണ് നമ്മളിട്ട് ഉറപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടേ വെളിച്ചത്തെ നമ്മൾ എത്ര ദൂരെ നിന്ന് കണ്ടാലും എത്ര സൂക്ഷ്മമായി കണ്ടാലും വെളിച്ചത്തെ നമ്മൾ എങ്ങനെയാറിയോ വെളിച്ചമായിട്ട് അറിയത്തുള്ളൂ നേരിട്ടായിട്ട് അറിയാൻ പറ്റില്ല വെളിച്ചത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ അത് വെളിച്ചമാണ് പക്ഷെ അന്ധതയിലായിരിക്കുമ്പോൾ എല്ലാം ഇരുട്ടാണ് വ്യത്യാസമുണ്ട് തോന്നലുണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റത് ശരിയല്ല എന്ന് തോന്നി ഇതാണ് ശരിയെന്ന് തോന്നി അത് മതി അതാണ് ശരി നമ്മളൊന്നിനു ശരിയെന്ന് തോന്നി അതാണ് ശരി പിന്നെ എപ്പോഴും ഇത് അങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നു എന്താണ് നമ്മൾ എപ്പോഴും വിചാരം ചെയ്യണം അതിനെ കുറിച്ച് എന്തിക്കണമെന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോ മറ്റേത് ശരിയല്ല എന്ന് തോന്നി ഇത് ശരിയാണെന്ന് തോന്നി ചെയ്യുമ്പോൾ ശരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അംബവ ഇവിടെ പക്ഷത്തിൽ എന്തുവരുന്നു ഇതിന്റെ പ്രത്യേകത അതാണ് അംബാവ വിലക്ഷണമെന്ന് പറയുകയും എന്നുവെച്ചാൽ സാധ്യത്തിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല പദങ്ങളുടെ അർത്ഥത്തിലുള്ള മാറ്റവും വരുത്തിയില്ല പിന്നെ നിർണയിച്ചപ്പോൾ എന്തായി പദാർത്ഥം വ്യത്യാസമായി അതാണ് സാഹിത്യത്തില് അങ്ങനെ വരും രണ്ടു പൂക്കൾ ഒരേ ഞെട്ടിൽ ഉണ്ടാകും പോലെ ഭാഷയായി പക്ഷെ ഇത് ശ്ലേഷല്ല ശേഷപ്രയോഗം മേലെ കാരണം അത് ഒരു ശബ്ദം കേട്ട പല അർത്ഥങ്ങളും വന്നു ഇതങ്ങനെയല്ല ഇത് ദൃഷ്ടാന്തത്തിൽ വന്നപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു അഭാവത്തിലെത്തിച്ചേരുന്നു പക്ഷത്തിലേക്ക് വന്നപ്പോൾ വേറൊന്നിൽ എത്തിച്ചേരുന്നു രണ്ട് സ്ഥലത്താണ് വരുന്നത് മറ്റു തന്നെ പല അർത്ഥങ്ങൾ വന്നു ഇതങ്ങനെയല്ല രണ്ട് സ്ഥലത്തിൽ വന്നപ്പോൾ സംഗതിയിൽ ഒരു മാറ്റവും വരുത്താതെ മഹാവിദ്യ അനുമാനത്തിയില്ല മറ്റനുമാനങ്ങളിലുണ്ട് അതാണ് ഇതിൻ്റെ മഹാവിദ്യ അനുമാനം എന്ന് പറയുന്നത് ഈ അനുമാനത്തിൽ അങ്ങനെ ഒരു ഈ അനുമാനത്തിൻ്റെ വിശേഷത തന്നെ അതാണ് എന്താണ് ഇപ്പൊ പർവ്വതോ വന്യുമാൻ ദുമാദ്ന്ന് പറഞ്ഞാൽ മഹാനസത്തിനും എന്താ ഉള്ളത് മഞ്ഞി പർവ്വതത്തിനും മഞ്ഞി പദാർത്ഥത്തിനും വ്യത്യാസമുണ്ട് ഇവിടെ എന്താണ് ഒരേ യുക്തിയിലൂടെ രണ്ട് പദാർത്ഥങ്ങളാണ് ഒരു പദാർത്ഥം സർവസമ്മതമായത് ജ്ഞാനപ്രാഗഭാവം അതാണ് ഞാൻ ഇപ്പം ചോദിച്ചതിന് വേണ്ടിയിട്ടാണ് ജ്ഞാനപ്രാഗഭാവം എന്ന് പറയുന്നത് എല്ലാവർക്കും സമ്മതമാണ് അദ്വൈതിക്ക് സമ്മതമാണ് സമ്മതമാണ് അവർക്ക് സമ്മതമാണ് പക്ഷേ ഭാവവിലാവവിലമായ അജ്ഞാനം എന്ന് പറയുമ്പോൾ അത് അത് സമ്മതിക്കേണ്ടി വന്നു അതിന് ഉപയോഗിച്ച ഒരു ടെക്നിക്ക് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു ുപയോഗിച്ച് അത് സമ്മതിപ്പിച്ചു ഏ അതാണ് സാറിന് അനുമാനത്തിൽ ചെയ്യുന്നത് ഇതിപ്പോ എന്താണ് അഭാവവിലായ ഒരു പദാർത്ഥം അതിൻ്റെ വസ്തുസ്ഥിതി അങ്ങനെയൊരു അതിൻ്റെ വസ്തുസ്ഥിതി അങ്ങനെയൊരു വസ്തു ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല കൊടുത്ത വിഷയം ഒരു അനുമാന പ്രയോഗത്തിലൂടെ അത് സിദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തു യാഥാർത്ഥ്യത്തെ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നതിന് പല ഉപായങ്ങളും അപ്പോൾ ഇത് നമ്മൾക്ക് അങ്ങനെ ഒരു അജ്ഞാനം എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുകയാണ് പിന്നെ അങ്ങനെ ഒരു വസ്തു ഉണ്ടോ ഇല്ലയെന്നുള്ളതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഈ അനുമാന പ്രമാണം പോരാ എനിക്കത് പ്രത്യക്ഷമായി കാണണം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം വേണ്ടിവരും മറ്റു പ്രമാണങ്ങളെ ആശ്രയിക്കേണ്ടി വരും അനുമാന പ്രമാണത്തിലൂടെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ബോധിപ്പിക്കുകയാണ് അപ്പൊ ആ വസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കരുത് എനിക്ക് പ്രത്യക്ഷത്തിലൂടെ അതിനെ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കരുത് അനുമാനത്തിലൂടെ അതിനെ ബോധിക്കുക ആ രൂപത്തിൽ അപ്പോ അതാണ് അനുമാന പ്രമാണത്തിന്റെ നമ്മൾ സാധാരണ ഗതിയിൽ ആഭ്യന്തരമോ ബാഹ്യമോ ആയിട്ടുള്ള പ്രത്യക്ഷത്തെയാണ് ഒരു പദാർത്ഥത്തിന്റെ ശ്രദ്ധിക്കുവേണ്ടി പരമമായി ആശ്രയിക്കുന്നു പ്രത്യക്ഷത്തിലൂടെ ശ്രദ്ധിച്ച സിദ്ധിക്കുമെന്ന് പറയും അപരോഷമെന്ന് പറയും അതാണ് പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് അനുമാനത്തെ സ്വീകരിക്കേണ്ടി വന്നു കാരണം പരമാണു ഹനുമാനത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നു അപ്പം നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ അനുമാനത്തിലൂടെ സിദ്ധിച്ച ആ പരമാണുവിനെ ഇനി പ്രത്യക്ഷത്തിലൂടെ വേണമെന്ന് പറഞ്ഞാൽ നടക്കും അതാ ഏ അനുമാനത്തിലൂടെ അതിന്റെ അസ്തിത്വത്തെ രണ്ടു കൂട്ടിലും അംഗീകരിച്ചു അല്ല ഒരാൾക്ക് പറയാമല്ലോ അനുമാനത്തിലൂടെ പോരാ എനിക്ക് പ്രത്യക്ഷമായാലേ ഞാൻ അംഗീകരിക്കുമെന്ന് പറയാൻ പലരും അതല്ലേ പറയുന്നു അനുമാനത്തിലൂടെ അംഗീകരിച്ചാൽ പോരാ എനിക്ക് പ്രത്യക്ഷം വേണം എന്നാലും ഞാൻ അംഗീകരിക്കുന്നു പറഞ്ഞാൽ പ്രത്യക്ഷവാദികൾ ചാർവാകന്മാരും ഒക്കെ അതാ പറയുന്നു അനുമാനത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഈ ചർച്ച അപ്പോ അത് താർക്കേനും ബോധ്യപ്പെടുത്തി പിന്നെ വരുന്ന വിഷയം എന്താണ് നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ച ഈ അനുമാനത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്പർ അറിയാവും അല്ലേ ആ ദോഷത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് മനസ്സിലായത്